ുക്തർം നമീയാവഹാരോ അത്യന്തസ്വുക്തേ ജാമാനേവ അസംഭാവ്യനോ അതിരിതമേവഭാവാത്തേ അപഗതി അംസേ അപഗത ജാമീതി വ്യവഹാരനവഗത്തെ അംശേ അനവത പ്രശ്നനുപത്രിയുക്തൃത് അർം പ്രമാണതോ ജാമീ പരതയാ വ്യവഹാരത്തെ മലയാളം വേണോ സംസ്കൃതം വേണോ ശരി തൊതുപ്തം അർത്ഥം ജാനാമി എന്നുള്ള ആ വിഷയത്തെ അല്ല ഇടയ്ക്ക് കുറച്ച് സംസ്കൃതമായാലും കുഴപ്പം വരുമോ അത് കുഴപ്പമില്ല അർത്ഥം ന ജാനാമി എന്ന് പറയുന്ന ഈ വാക്യം രണ്ടുപേര് തമ്മിൽ ശാസ്ത്രാർത്ഥം നടത്തുമ്പോ ഹിമാംസം പറയണ ശബ്ദോ നിത്യഹാർക്കികം പറയുന്നു ം അർത്ഥം ന ജാനാമി എന്ന് ഈ വ്യവഹാരത്തിലൂടെ അഭാവഭിന്നമായ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ ശ്രദ്ധിക്കാം എന്നാണ് അദ്വൈനി പറയുന്നത് അതിനെന്താ പറയുന്നത് അത്യന്തമായി അറിഞ്ഞില്ലെങ്കിൽ ഒന്നും അറിഞ്ഞില്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ തൊതുവം അർത്ഥം പറയാൻ കഴിയത്തില്ല നീ പറഞ്ഞ കാര്യം എന്ന് ഒരാൾ പറയണമെങ്കിൽ ആ പറഞ്ഞ കാര്യത്തെ മനസ്സിലാക്കിയിട്ടേ പറയാൻ പറ്റും നീ പറഞ്ഞ വിഷയം ഇപ്പൊ വിഷയത്തെ കുറിച്ച് അയാൾക്കൊരു ഇനി ആ പറഞ്ഞ കാര്യത്തെ അറിഞ്ഞാൽ ന ജാനാമി എന്ന് പറയാൻ കഴിയത്തില്ല അറിഞ്ഞു കഴിഞ്ഞാൽ കാരണം ന ജാനാമി എന്ന് പറയുന്നതിന് അറിവില്ല എന്നാണ് അർത്ഥം അപ്പൊ അറിഞ്ഞാൽ അറിവില്ലായ്മ എങ്ങനെ വരും എന്നുവെച്ചാൽ അറിവിൻ്റെ അഭാവം എങ്ങനെ വരും ജാനാമി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണോ അറിവില്ല ഞാൻ അറിയുന്നില്ല അറിവിന്റെ അഭാവത്തെ പറയുകയാണ് ുമ്പോ ന ജാനാമി എന്ന് പറയാൻ കഴിയും അറിഞ്ഞാൽ അത് പറയാൻ കഴിയത്തില്ല അറിഞ്ഞില്ലെങ്കിൽ തൊതുത്തം നീ പറഞ്ഞ വിഷയം എന്നാ വിഷയത്തെ പരാമർശിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് തൊതുത്തം ന ജാനാമി എന്ന് പറയുന്നിടത്ത് അവിടെ ന ജാനാമി അറിയുന്നില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മയല്ല അറിവില്ലായ്മയിൽ നിന്ന് ഭിന്നമായ അജ്ഞാനത്തെയാണ് ഈ പറയുന്നവന്റെ ഉള്ളിൽ ഇരിക്കുന്ന അജ്ഞാനം അതിനാണ് പറയുന്നതെന്നാണ് അത് വിശദീകരിച്ചു അവഗതയാംശേ അവഗതത്വാദേവജ്ഞാന മീലി വ്യവഹാര യോഗ അനവഗതംശ അനവധത്വദ പ്രശ്ന അനുഭവത്തിന് താർക്കിക മറുപടി പറയണം നിങ്ങളീ പറയുന്നത് ശരിയല്ല തൊതുക്തം അർത്ഥം പ്രമാണതോ ജാനാമീത്യം വ്യവഹാര ബുദ്ധി ഇങ്ങനെ ഒരു വ്യവഹാരം സംഭവിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ് താർഹികനായാലും ഇങ്ങനെ ഒരു വ്യവഹാരം ഉണ്ടാകും അദ്വൈതിക്കായാലും ഉണ്ടാകും രണ്ടുപേര് സംസാരിക്കുമ്പം ഒരാൾ പറയുന്ന കേട്ടിട്ട് തന്റെ ഉള്ളിലുണ്ടാകുന്ന അറിവിനുസരിച്ച് ഇങ്ങനെ ഒരു മറുപടി പറയാം എങ്ങനെ തൊതുപ്തം അർത്ഥം എന്ന ജാനാമി പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് മീമാസം എന്ന് പറഞ്ഞു ശബ്ദോ നിത്യു അത് താർക്കിന് സ്വീകാര്യമായ കാര്യമല്ല അപ്പൊ താർക്കിയെന്ന് പറയാണ് എന്താണ് തൊതുപ്തം അർത്ഥം പ്രമാണത്തോ എന്ന ഞാനാമി എന്ന് വെച്ചാൽ നീ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള പ്രമ പ്രമാണതോ ജാനാവി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന പ്രമേയാണ് നീ പറഞ്ഞ ആ വിഷയത്തെക്കുറിച്ചുള്ള പ്രമേയ എനിക്കുണ്ടായില്ല പ്രമാണമില്ലാത്തതുകൊണ്ട് അതാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം അപ്പം അവിടെ പ്രമേയം നിഷേധിക്കുകയാണ് ആ വിഷയത്തിലുള്ള പ്രമേയെ വിശേഷിക്കുകയാണ് എന്നർത്ഥം എന്നാൽ ഞാനും ഉണ്ടാകാതിരുന്നു ഉണ്ടായി അത് പ്രമേയമല്ലെന്നേ ഉള്ളു പ്രമേയമല്ലാതെ ഞാനും ഉണ്ടല്ലോ ജ്ഞാനം എന്ന് പറയുന്നത് പ്രമേയാകാം സംശയമാകാം വിപരീയമാകാം ഏതുമാകാം അപ്പൊ ഇവിടെ പ്രമേയം നിഷേധിക്കുന്നു അത്രേ ഉള്ളൂ ത്വതുതമർത്ഥം മറ്റു ജ്ഞാനത്തെ അംഗീകരിക്കുന്നു ഇതിനെന്താ കുഴപ്പം എന്നാണ് താർക്കേയും പറയുന്നത് ത്വതുത്തമർത്ഥം പ്രമാണതോ ജ്ഞാനാമിത്യവും പരതയാപി വ്യവഹാര ഉപത്തെഹേ പ്രതിവാദിവാഖ്യാതവതാർത്ഥ അനുവാദം പ്രമാണ അസംഭവേന അത് വിശദീകരിക്കുന്നു എന്തുകൊണ്ടങ്ങനെ പറയുന്നു കാരണം രണ്ടു പേര് തമ്മിൽ സംസാരിക്കും ഉപാധിയും പ്രതിവാദിയും മീമാംസാനും താർക്കിക അപ്പോ മീമാംസം പറഞ്ഞതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി ആ മനസ്സിലായതെന്തോ അതിനെ അനുവാദം ചെയ്തിട്ട് ഏറ്റുപറഞ്ഞിട്ട് മനസ്സിലായി കുറച്ചു കാര്യം മനസ്സിലായത് തന്നെ എന്താണ് ശബ്ദം നിത്യമാണെന്ന് പറഞ്ഞ് മനസ്സിലായി പറഞ്ഞാൽ എന്താ മനസ്സിലാവുമ്പയ്യാത്തത് മനസ്സിലായതിനു ശേഷം താർക്കീയൻ എന്ത് ചെയ്യുന്നു പറയുന്നു നിങ്ങൾ പറഞ്ഞതിന് പ്രമാണമില്ല എന്താണ് മീമാംസകന്റെ വാക്യം താർക്കീയന് പ്രമാണമാവും അതില്ലല്ലോ ഗുരുവല്ലല്ലോ ഗുരുവാണെങ്കിൽ ശരി ആപ്തവാക്യം ആപ്തന്റെ വാക്യം പ്രമാണമാവും മീമാംസകൻ താർക്കിക ഗുരുവല്ല അപ്പൊ മീമാംസകവാക്യം അത് വാക്യമായിട്ട് പ്രമാണമാകത്തില്ല പിന്നെ അനുമാനപ്രയോഗമായിരിക്കുന്നു അനുമാനപ്രയോഗം പ്രമാണമാകാം പക്ഷെ അവിടെ ഹേത്വഭാസം വന്നാൽ അതിൽ പ്രമാണമാകത്തില്ല എല്ലാവരും എന്ന് വെച്ച മീമാംസകരെ ശ്രുതി അത് പറയാൻ പറ്റില്ല അനാധിശമായ ശ്രുതി അതാണ് അങ്ങനെ പറയുന്നിടത്ത് ഇപ്പൊ എന്താണോ ആപ്തവാക്യത്തെ സ്വീകരിക്കാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമാണങ്ങളിലൂടെ ശിദ്ധമായ കാര്യത്തെ ഒരാൾ പറയുകയാണെങ്കിൽ അതിനാപ്തവാക്യമായി സ്വീകരിക്കും ശ്രുതിയിൽ സിദ്ധമായ ഒരു കാര്യത്തെ പറയുമ്പോൾ അത് അനുവാദ രൂപത്തിലെ സ്വീകരിക്കാം അങ്ങനെയൊക്കെ സ്വീകരിക്കും അല്ലാതെ അതീന്ദ്രിയമായ കാര്യങ്ങളിൽ ഒരാൾ അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞ് സ്വീകരിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ബുദ്ധൻ്റെ വാക്യമൊക്കെ അവർക്ക് സ്വീകരിക്കേണ്ടി വരും അതൊന്നും സ്വീകരിക്കത്തില്ല അല്ലാതെ സത്യം പറഞ്ഞാൽ സ്വീകരിക്കാതിരിക്കില്ല അതൊന്നും അവർ സ്വീകരിക്കത്തില്ല അത് അവരവരുടെ ആചാര്യന്മാർ അവരവർക്ക് സ്വീകാര്യം മറ്റുള്ളവർ സ്വീകരിക്കും ഉണ്ട് ജെയ്മിനിയും മറ്റും ഉണ്ട് അവര് ശ്രൗതമായ അർത്ഥത്തെ ധരിച്ചിട്ട് പറയുമ്പോൾ അതിൻ്റെ അനുവാദമായിട്ട് അതിനെ അവർ സ്വീകരിക്കും സ്വീകരിക്കും അത് ശ്രുതി പറഞ്ഞതിനെ അവർ പറയുന്നു ീമാംസം പറഞ്ഞ കാര്യത്തെ ഗ്രഹിച്ച് അതിനെ അനുവാദം ചെയ്യണം അനുവാദം ചെയ്യാന്ന് വെച്ചാൽ അതിനെ പ്രമേയായി സ്വീകരിച്ചിട്ടല്ല ഒരാൾ പറയുകയാണ് നദ്യാഹ തീരെ പഞ്ചഫലാനുസന്ധി ഒരാൾ പറയുന്നു അപ്പൊ ഞാൻ പറയണം നദ്യാഹ ീരെ പഞ്ച ഫലാനി സന്ധി ഇതി തേന ഉക്തം എന്ന് പറഞ്ഞ അതിനർത്ഥം അയാൾ പറഞ്ഞതിന് ഞാൻ പ്രമേയമായി സ്വീകരിച്ചെന്നല്ല പ്രമാണമായി സ്വീകരിച്ചെന്നല്ല ഇല്ലയോ അവിടെ ഞാൻ അതിനെ അനുവാദം ചെയ്യണം അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പൊ മീമാംസകൻ പറഞ്ഞു ശബ്ദോ നിത്യം പറയുന്നു ശബ്ദോ നിത്യ ഇതി തേന ഉക്തം എന്ന് പറയുമ്പം ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു അതിനെ അനുവാദം ചെയ്തു എന്നിട്ടതിനെ നിഷേധിക്കും ഇതാണ് തൊതുത്തം അർത്ഥം ന ജാനാമി എന്ന് പറയുന്നിടത്ത് ഇതാ സംഭവിക്കുന്നത് നീ പറഞ്ഞ അർത്ഥം എന്തോ അതിനെ അനുവാദം ചെയ്തു നീ പറഞ്ഞത് ശബ്ദം നിത്യവന്നു പക്ഷെ ന ജാനാമി എന്ന് പറഞ്ഞാൽ അതിന് എന്നെ സംബന്ധിച്ച് പ്രമാണജന്യമായ ജ്ഞാനം അല്ല അനുപ്രമേയായി എനിക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ഞാൻ എന്നെ നിഷേധിക്കുന്നു അതാണ് എൻ്റെ താല്പര്യം അതാണ് പ്രതിവാദിവാക്യാത് പ്രതിവാദിയുടെ വാക്യത്തിൽ നിന്നും അപഗതാർത്ഥ്യം ഗ്രഹിച്ചർത്ഥത്തിൻ്റെ അനുവാദപുരസരം അനുവാദത്തോടു കൂടി പ്രമാണം അസംഭവേന പക്ഷെ പറഞ്ഞ വിഷയത്തിന് പ്രമാണം ഇല്ലാത്തത് കൊണ്ട് സർവേർവാദിവിഹി നിരാകരണ അംഗീകാര സർവവാദികളും അതിന്റെ നിരാകരണം ചെയ്തിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു എന്നർത്ഥം എന്നർത്ഥം അപ്പോ ഒരു കാര്യം അനുവാദം ചെയ്യുന്നതിന് അത് പ്രമാണത്തിലൂടെ അറിയണമെന്ന് നിർബന്ധമില്ല ഏതും അപ്പം പറഞ്ഞി പൊട്ടപ്പെട്ട കരൂതി അത് അനുവാദമാണ് പൊട്ടപ്പെട്ട എന്ന് പറയുന്നത് ഒരാളെ കൈയടിക്കുന്ന ശബ്ദമാണോ കേട്ടിട്ട് പറയുന്നു പൊട്ടപ്പെട്ട കരൂതി എന്ന് പറഞ്ഞാൽ അത് കേവലം അനുവാദ രൂപത്തിലുള്ള ശബ്ദമാണ് അതുപോലെ അതുകൊണ്ട് തൊതുത്വം അർത്ഥം ജാനാമി എന്നുള്ള വ്യവഹാരമുണ്ട് അതുകൊണ്ട് അഭാവത്തിൽ നിന്ന് ഭിന്നമായ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ ശ്രദ്ധിക്കത്തില്ല പ്രതിവാദിവാക്കാ്യത്ഥം ജാത അർത്ഥം കൂടു പശ്ചാ അപഗതം വാദി കിട്ടിയ ഇയമേവ പ്രക്രിയാ ആദർത്തവ്യ അതത്തമീതി കെയലവ്യവഹാരേണ अभाव भावरूपं, അഥവാ വ്യവഹാരമാത്രേണ അഭാവവിലക്ഷണം ഭരൂപം അജ്ഞാനം സിദ്ധ്യത അത്വൈതാം കഥനം സാഹസമാത്രം കുഴപ്പമുണ്ട് കെയ ഉം താർക്കിക പുനശ്ചാരി നോ സദാസീപ്രമ്യസീത് മായാം വിദ്യോ മയാദത്തത്രമാണം പദ്ധതി വരെയും ത്വുത്തം അർത്ഥം നാണമി എന്ന് പറയുന്ന വ്യവഹാരം മാത്രമല്ല അഭാവവിലണമായ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിന് ശ്രുതിയും പ്രമാണമാണ് ഏത് ശ്രുതി അവിടെ അസത്വം ഉണ്ടായിരുന്നില്ല സത്വം ഉണ്ടായിരുന്നില്ല അസത്വം സത്വം അല്ലെങ്കിൽ പിന്നെ എന്താണ് രണ്ടിൽ നിന്നും ഭിന്നമായ തപസ്സാണ് അപ്പോൾ അഭാവമല്ല മ്യമായിരുന്നു തമസ് എന്ന് പറഞ്ഞാൽ ഭാവമാണല്ലോ അപ്പൊ അതുപോലെ ഒന്നായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു മായാതു പ്രകൃതി വിദ്യ അഭാവവും എന്നല്ല പറഞ്ഞിരിക്കുന്നു മായാന്നാണ് മായ എന്ന് പറയുമ്പോൾ അഭാവമല്ല അതൊരു ശക്തിയാണ് ഭാവരൂപത്തിലുള്ളതാണ് ഇന്ദ്രോ മായാഭി പുരു രൂപേ ഇന്ദ്രൻ മായ കൊണ്ട് നാനാ രൂപത്തെ പ്രാപിച്ചിരിക്കുന്നവടെ മായ കൊണ്ട് എന്ന് പറയുമ്പം എന്താ അഭാവം കൊണ്ടെന്നാണോ അർത്ഥം അഭാവം കൊണ്ട് ഇന്ദ്രന് പലതാകാൻ പറ്റത്തില്ല ഇന്ദ്രൻ്റെ മായാശക്തി കൊണ്ടെന്നാണ് അത് ഭാവരൂപമാണ് ഇതൊക്കെ അദ്വൈതി പറയുകയാണ് ഇത്യാഗമപത്രമാണ് ആഗമപ്രമാണ അനുസാരേണ അവ ൃതിപ്രമാണാതിയാ ബഹുരുപം സ്വീകൃത് माया സൃഷ്ടിം കൂത്ത മാശക്തി സൃഷ്ടി അംഗീകരിയതാതി മായാ അഭാവം ആശ്രി സൃഷ്ടേ അസംഭവാ അത മയാരൂപാചി ശക്തിമാശ്രി ഭാവരു കിത് evam സൃഷ്ടി ശ്രു വർണ്ണത്തെ അഭാവവിലക്ഷണം അജ്ഞാനം സിദ്ധ്യത്തി അത്വൈതി പക്ഷം തമ്ശബ്ദന സാംസാരികുരുഷാണ പ്രളേഖാന ജാനാവുച്യമാനവാബ്ദിന പരമേശ്വര ജ്ഞാനശക്തിരേവ തസ്വരൂപൂത സങ്കീർത്തന ഇതിന് സമാധാനം താർക്കീം പറയുന്നു ത്രാഗമ പ്രമാണം താർഹികം പറയാണ് നിങ്ങൾ പറഞ്ഞ ഈ ആഗമവും അതിലെ പ്രമാണമല്ല എന്തുകൊണ്ട് തമശബ്ദേന സാംസാരിക പുരുഷാണാം പ്രളയകാലീന ജ്ഞാനാഭാവസീവ തമ ആസീത എന്ന് പറയുന്നത് പ്രളയകാലത്തെക്കുറിച്ചാണ് പ്രളയകാലം എന്ന് പറയുമ്പോ അവിടെ ജീവന്മാരെല്ലാം ബോധരഹിതന്മാരായി കിടക്കുകയാണ് അപ്പം ജീവന്മാരുടെ ജ്ഞാനാഭാവത്തെയാണ് തമശബ്ദം കൊണ്ട് പറയുന്നത് അല്ലാതവിടെ അഭാവവിലായ അജ്ഞാനത്തെ നല്ല ബോധമുണ്ടായിരുന്നു സുഷുപ്തി പോലെ പിന്നെ മായ എന്ന് പറയുന്നത് എന്താണ് ഈ മായയ്ക്ക് അജ്ഞാനമായിട്ട് എന്താ ബന്ധം മായ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ശക്തിയാണ് അതിനെ തന്നെയാണ് പ്രകൃതി പ്രധാനം എന്നെല്ലാം പറയുന്നു അത് ഈശ്വരന്റെ സ്വരൂപമൊന്നും പറയുന്നു മായനോ അന്യ മായ മായി നിന്നും അന്യമല്ല അങ്ങനെയുള്ള ഒരു മായാശക്തിയെ പറയുന്നത് അതെങ്ങനെ അജ്ഞാനമാകുന്നു ഈശ്വരന്റെ മായ അജ്ഞാനമാണോ അജ്ഞാനം എന്ന് പറയുന്നത് ജീവന്റെ സ്വന്തമാണോ മായ എന്ന് പറയുന്ന ഈശ്വരന്റെ ദിവ്യമായ ശക്തിയാണ് അപ്പൊ അതിന് നിങ്ങളെങ്ങനെയാ അജ്ഞാനം അതായത് അഭാവവിലായ അജ്ഞാനമുണ്ടെന്ന് സമർത്ഥിക്കുന്നതിന് ഈശ്വരന്റെ മായ എങ്ങനെയാ പറയുന്നു ഈശ്വരന് ജീവൻ ഒന്നാണ് അദ്വൈതത്തിൽ തത്വത്തിൽ ഒന്നാണെങ്കിലും ഉപാധി കൊണ്ടുള്ള ഭേദത്തെ അദ്വൈതം സ്വീകരിക്കുന്നു അപ്പൊ മായയിരിക്കുന്നത് ഈശ്വരനും അജ്ഞാനം ഇരിക്കുന്നത് ജീവനുമാണ് ഇത്രയും വകതിരുവെങ്കിലും വേണ്ടേ അത് ഇരിക്കും ഏ പറയുന്നത് ഈശ്വരന്റെ മായയാണ് ജീവന്റെ അജ്ഞാനം എങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് അജ്ഞാനം നിരൂപണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈശ്വരന്റെ മായയെ കൊണ്ടുവന്നത് ശരിയല്ല അത് രണ്ടും രണ്ടാണ് എന്ന് താർക്കികൻ അദ്വൈതയോട് പറഞ്ഞു കൊടുക്കുകയാണ് അനു തമ്ശ്ദിന സാംസ്കാരപുരുഷാണ പ്രളയകാലീനജാവസേ ഉച്യമാനത്തുതൗ തമ ആസീത്യ തമിനീനജീവാ കഥ്യത്തെ പ്രളയകാലെ സുഷുപതവീന പ്രസിദ്ധമേവ തീ ജാഭാവം അനേന കഥ്യത്തി അത്ര അഭാവിലലക്ഷണ അജ്ഞാന േണ സിദ്ധിർത് മാം പ്രകൃതി വിദ്യ ശബ്ദശക്തി നിശ്വരശക്തി ജീവസിലിക്ഷണരുപയ ജീവസാനപേണ കഥനം അസംഗതമേവീവരോധിദ് ഭേദസാ അദ്വൈതമത്തെ അതിവൈശരോർഭേദ ഉപാധിദ് സ്വീകരിയത് അതാവലക്ഷണ അജ്ഞാന ഉദാഹരണം അസമീചനമേവ ഉച്ച മായ ശബ്ദന പരമേശ്വര ശക്തിയുടെ സങ്കീർത്തന തനിർവചനീയ സംഭവസ്ഥേതുകൊണ്ട് അനിർവചനീയമായ അജ്ഞാനം എന്നു പറയുന്നതിന് ലക്ഷണവുമില്ല പ്രമാണവുമില്ല ഇത് രണ്ടും ാതെ തന്നെ നിങ്ങൾ പറയുന്നു എന്താണ് അനിർവചനീയമായ അജ്ഞാനം എന്ന് പറയുന്നു ഇതാണ് അജ്ഞാനം ഈ പറയുന്നതാണ് അജ്ഞാനം അല്ലാതെ അനുവചനീയ അജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനം ലക്ഷണപ്രമാണാഭ്യാം വസ്തു എന്നുള്ളതാണ് സർവശാസ്ത്രകാരന്മാരും സംബന്ധിച്ചിട്ടുള്ള കാര്യം അതിനെ പരിത്യജിച്ചിട്ട് ലക്ഷണവും പ്രമാണവും കൂടാതെ അണർവചനീയമായ അജ്ഞാനം ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന സംഭവമാണ് അജ്ഞാനം അതിനപ്പുറം വേറെ അജ്ഞാനമൊന്നുമില്ല എന്ന് നൈയായികം പറയുന്നു അതാ ലക്ഷണ പ്രമാണയോരഭാവാണനീയ അജ്ഞാനസിദ്ധിരേവ ജ്ഞാനം ഇതി നൈയായിക്കൈരുച്യത്തെ അതാവിലലക്ഷണം കുധ്യത്തിൽ അത്ര അദ്വൈതേ മതം നിരാക്രിയത്തെ നയ്യായി അതാണ് തദൈവം ഇപ്രകാരം അനുജ്വനീയത്തിൽ ലക്ഷണപ്രമാണീവര സംഭവ ലക്ഷണവും പ്രമാണവും ഇല്ലാത്തത് കൊണ്ട് താതൃഗ്ഞാനം അസ്തിക്കിയത് അങ്ങനെ ഒരു അജ്ഞാനമുണ്ട് എന്നുള്ള കാര്യം ആണ് അജ്ഞാനം ഇതി സിദ്ധം അത്ര ഉച്യത ഇതം അദ്വൈതിഭ്യത എന്നാൽ ഞങ്ങൾ പറയാം സിദ്ധാന്തം വക്ഷ്യ താവത് ലക്ഷണ സംഭവ ലക്ഷണം അസ്തി പ്രമാണമതി തവക്ഷണഭവ ലക്ഷണം ഇല്ല എന്ന് പറയാൻ പറ്റില്ല ത അനദിഭാവരൂപം യത് വിജ്ഞാന വിലീയത തദ ജാനം പ്രജ്ഞാ ലക്ഷണം സമ്പ്രചക്ഷ അദ്വൈതി പാട്ടുപാടി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം പോയി ഇതുവരെ പറഞ്ഞതെല്ലാം വെള്ളത്തിലായി സിദ്ധാന്തം പറയണം നിങ്ങളെ പറഞ്ഞതിൽ ഒന്ന് യാതൊരു കഴമ്പുമില്ല അനാദിഭാവരൂപം യത്ത് ഏതെന്നാണോ അനാദിഭാവരൂപമായിരിക്കുന്നത് വിജ്ഞാനേന വിലയത് ഏതെന്നാണോ വിജ്ഞാനം കൊണ്ട് നശിച്ചു പോകുന്നത് തത് അജ്ഞാനം ഇതി അതാണ് അജ്ഞാനം എന്ന് പ്രാജ്ഞാഹക്ഷണം പ്രചക്ഷത എന്നാണ് വിവരമുള്ള ആൾക്കാർ പറയുന്നത് ഞങ്ങൾ പലതും പറയും അത് വിവരമില്ലാത്ത ഞങ്ങളുടെ കൂട്ടത്തിൽ വിവരമുള്ള ആൾക്കാരുണ്ട് അവരാണ് പ്രാജ്ഞന്മാർ അവർ പറയുന്നത് അനാദിയായിരിക്കണം ഭാവരൂപമായിരിക്കണം ജ്ഞാനം കൊണ്ട് നശിക്കുന്നതുമായിരിക്കണം അതാണ് അനുവചനീയമായ ജ്ഞാനം അത് അഭാവവിലാണ് അഭാവമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് അനാദിയാണ് ഭാവരൂപമാണ് ജ്ഞാനം കൊണ്ട് നശിക്കുകയും ചെയ്യും അത് തന്നെ പറയുന്നു അനാദിത്വസതി ഭാവരൂപം വിജ്ഞാന നിരസ്യം അജ്ഞാനം ക്ഷണം വിവക്ഷിതം ഇതാണ് സിദ്ധാന്ത ലക്ഷണം അനാദിയാണ് ഭാവരൂപമാണ് വിജ്ഞാനം നിരസ്യമാണ് വിജ്ഞാനം കൊണ്ട് നിരസിക്കുന്നതുമാണ് ഇതാണ് ഇവിടെ അനാദി എന്ന് എന്തിനു പറഞ്ഞു ഇത്രയും പറയണം ഭാവരൂപം ജ്ഞാനനിരസ്യം ഭാവരൂപമായിരിക്കണം ജ്ഞാനം കൊണ്ട് നശിപ്പിക്കുന്നതുമാണ് എന്ന് പറഞ്ഞാൽ എവിടെ പോകും ലക്ഷണം പൂർവജ്ഞാനം പൂർവജ്ഞാനത്തെ ഉത്തരജ്ഞാനം നശിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ പൂർവജ്ഞാനം ഭാവരൂപമാണ് ജ്ഞാനം കൊണ്ട് നിരസ്യവുമാണ് അപ്പോൾ അജ്ഞാനത്തിൻ്റെ ലക്ഷണം പറഞ്ഞപ്പോൾ അത് ജ്ഞാനത്തിൽ പോകും പൂർവജ്ഞാനവും ജ്ഞാനമാണല്ലോ പൂർവജ്ഞാനം എന്ന് പറയാനെന്താണോ ഒരു ജ്ഞാനം ഉണ്ടായതിന് ശേഷം ആത്മാവിൽ രണ്ടാമതൊരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ ജ്ഞാനം കൊണ്ട് ആദ്യത്തെ ജ്ഞാനം നശിക്കുമെന്നാണ് ആരുടെ അഭിപ്രായം താർക്കിയുടെ അഭിപ്രായം അപ്പോൾ ഉത്തരജ്ഞാന നിരസ്യമാണ് പൂർവജ്ഞാനം ജ്ഞാനം ഭാവരൂപമാണ് ഭാവപദാർത്ഥമാണ് അപ്പോൾ അജ്ഞാനത്തിൻ്റെ ലക്ഷണം ജ്ഞാനത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ ദോഷം അതിവ്യാപ്തി അതുകൊണ്ടിവിടെ പറഞ്ഞു എന്താണ് അനാദിയുമായിരുന്നു അപ്പോൾ പൂർവജ്ഞാനം അനാദിയല്ല അത് ഉത്പന്നമാണ് ജ്ഞാനം എന്നാൽ പിന്നെ ഇത് പറഞ്ഞാൽ എന്താണ് അനാദി ജ്ഞാനനിരസ്യം ഭാവരൂപന്ത പറഞ്ഞു ജ്ഞാനപ്രാഗഭാവം ജ്ഞാനപ്രാഗഭാവം അനാദിയാണ് ജ്ഞാനനിരസ്യമാണ് ജ്ഞാനം ഉണ്ടാകുമ്പോൾ പ്രാഗഭാവം നശിക്കുന്നു അപ്പൊ അനാദി ജ്ഞാനനിരസ്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്രാഗഭാവത്തിപ്പോ അതല്ല ജ്ഞാനം അജ്ഞാനത്തിൻ്റെ ലക്ഷണം ജ്ഞാനത്തിൻ്റെ പ്രാഗഭാവത്തിൽ പോയാൽ എന്ത് വരും അതിവ്യാപ്തി അതുകൊണ്ടെന്ത് പറഞ്ഞു അനാദിയായിരിക്കണം ഭാവരൂപമായിരിക്കണം ജ്ഞാനനിരസ്യമായിരിക്കണം അപ്പോ ജ്ഞാനപ്രാഗഭാവത്തിൽ പോകത്തില്ല ശരി എന്നാൽ ഇത് രണ്ടും പറഞ്ഞാൽ മതി എന്താണ് അനാദിത്വ സതി ഭാവരൂപത്വം അനാദിയുമാണ് ഭാവരൂപവുമാണ് ജ്ഞാനനിരസ്യം വേണ്ട ഇത്രയും പറഞ്ഞാൽ മതി അപ്പോൾ ആകാശാദി ആത്മാകളിലെല്ലാം അനാദിയുമാണ് ഭാവരൂപ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശാദികളിക്കും അതുകൊണ്ടെന്ന് പറഞ്ഞു അനാദ്യായി ഗണം ഭാവരൂപമായി ജ്ഞാനനിരസ്യവുമായി അതാണെന്ത് അജ്ഞാനം അപ്പൊ ഇവിടെ അദ്വൈതി പറയുന്നത് എന്താണോ അനാദിയായ ഒന്ന് ഭാവരൂപത്തിലുള്ള ഒന്ന് ജ്ഞാനനിരസ്യമായ ഒന്ന് അതാണ് ജ്ഞാനം ഈ പറഞ്ഞ എന്താണ് അദ്വൈതിയുടെ സിദ്ധാന്തത്തിലുള്ള അജ്ഞാനത്തിന് ലക്ഷണം പറയണം അങ്ങനെ ഒന്നുണ്ടെന്ന് പറയണം ഇതാണ് ലക്ഷണം അപ്പൊ ലക്ഷണ ലക്ഷണത്തിലൂടെ ഒരു വസ്തു ശ്രദ്ധിക്കുമെങ്കിൽ ഈ ലക്ഷണത്തിലൂടെ ശ്രദ്ധിക്കുന്നതോ അതാണ് അജ്ഞാനം അജ്ഞാനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു അദ്വൈനീയും അത് അനുഭവസിദ്ധമാണ് ജാനാമി എന്ന് പറയുന്ന അനുഭവത്തിലൂടെ സിദ്ധമാണ് പിന്നെ അതെന്താണെന്നുള്ളതിനാണ് തർക്കം അജ്ഞാനം ഉണ്ടെന്നുള്ള എല്ലാവരും സംഭവിക്കും തർക്കം പറയുന്ന അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനത്തിന്റെ അഭാവമാണ് അദ്വൈനി പറയുന്ന അങ്ങനെയല്ല എന്താണ് അത് അനാദിയായ ഒന്നാണ് ഭാവരൂപത്തിലുള്ള ഒന്നാണ് ജ്ഞാനം കൊണ്ട് നശിപ്പിക്കുന്നു അങ്ങനെ ഒന്നുണ്ട് അതെങ്ങനെ ശ്രദ്ധിക്കും എന്ന് ചോദിച്ചാൽ അതാ ലക്ഷണം ഈ ലക്ഷണത്തിലൂടെ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നു എന്നാണ് അപ്പൊ അത് ഏ എങ്ങനെ എന്ത് ദോഷം അതങ്ങനെ അങ്ങനെ ഒരു സംഭവം അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു അനുഭവത്തിലുണ്ടോ ഉള്ളതിനല്ലേ എന്ത് പറഞ്ഞത് ലക്ഷണം പറഞ്ഞല്ലോ ഇല്ലാത്തതിനല്ലോ ഉം അജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ അദ്വൈതി ഇത്രേ പറയുന്നുള്ളൂ അനാദിയായ ഒരു അജ്ഞാനമുണ്ട് ഉം വേറെ അംഗീകരിക്കാം അതായത് ഇപ്പോൾ ക്ഷണികമായി ഞാനുണ്ടായി നശിക്കുന്നില്ലേ ആ ക്ഷണികമായി ഞാനുണ്ടായി നശിക്കുന്നത് അംഗീകരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അത് അനുഭവത്തിലുള്ളതന്നെ പക്ഷെ അജ്ഞാനം എന്ന് പറയുന്നത് സാക്ഷിയെ ആശ്രയിച്ച് അനാദിയായിട്ടൊന്നുണ്ട് അതാണ് അദ്വൈതി പറയുന്നത് അപ്പോൾ അജ്ഞോഹം എന്ന് പറയുന്നിടത്ത് അനുഭവത്തിന് വിഷയമാവുന്നത് അനാദിയായ ജ്ഞാനമാണ് വ്യവഹാരത്തിൽ ജ്ഞാനാഭാവം എന്ന് പറയുന്നു ജ്ഞാനം നശിക്കുമ്പോൾ അത് ജ്ഞാനമില്ലെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പക്ഷേ അജ്ഞാനമെന്ന് പറഞ്ഞാൽ അതല്ല തമസിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തമസ്സെന്ന് പറയുന്ന ഭാവരൂപത്തിലൊരു പദാർത്ഥമുണ്ട് വെളിച്ചത്തിൻ്റെ അഭാവമുണ്ട് വെളിച്ചത്തിൻ്റെ അഭാവത്തെ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല വെളിച്ചമില്ലെന്നേ ഉള്ളൂ പക്ഷെ സ്വീകരിക്കുമ്പോൾ തന്നെ എന്തു ചെയ്യുന്നു അവിടെ ഭാവരൂപത്തിൽ തമസം എന്ന് പറയുന്ന സ്വീകരിക്കുന്നു അതുപോലെ വൃത്തികൾ നശിക്കുന്നു എന്ന് പറയുന്ന അദ്വിതം സ്വീകരിക്കുന്നുണ്ട് വൃത്തിജ്ഞാനം ഉണ്ടാകുന്നു നശിക്കുന്നു അദ്വൈതം സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ വൃത്തിയുടെ നാശം സംഭവിക്കുന്നു ആ വൃത്തി നാശത്തെ നമ്മളെന്ത് പറയും ജ്ഞാനാഭാവം എന്ന് പറയും പക്ഷെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാവരൂപത്തിലുള്ള ഒന്ന് ആണ് അവിടെ വൃത്തിയുടെ നാശം ഉണ്ടാകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതംഗീകരിക്കുന്നതുകൊണ്ട് ദോഷമാണ് ഏ ലക്ഷണത്തിൽ ദോഷം എന്തുകൊണ്ട് വരുന്നു ഏകശഭം എന്ന് പറഞ്ഞു ഗോവിന്ദ് അപ്പൊ ലക്ഷ്യത്തിൽ ഏകശഭം എന്ന് പറയുന്ന ഒന്ന് ഇല്ല അതുകൊണ്ട് ലക്ഷണത്തിൽ ദോഷം അജ്ഞാനം എന്ന് പറയുന്നത് അതാണ് അതിനെക്കുറിച്ചാണ് ഇവിടെ തർക്കമുണ്ടോ ആ ലക്ഷ്യമായ അജ്ഞാനം ഭാവമാണോ അഭാവമാണോ എന്നാണ് ഇവിടുത്തെ തർക്കം ലക്ഷണം പറഞ്ഞു പ്രമാണം പറയും ആദ്യലക്ഷണം പറഞ്ഞു ഇനി പ്രമാണം കൂടെ അതിന് തൊതുതം അർത്ഥം ന ജാനാമി അതൊരു പ്രമാണമാണ് ഇനി അനുമാനവും പറയും അത് തന്നെ പറയും പ്രമാണം ഇത് തന്നെ എന്ന് പറയും ഏ താർഗീം പറയുന്ന ദോഷങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് അദ്വൈത് പറയും താർക്കിയും പറയും പരിഹരിച്ചില്ല എന്ന് അദ്വൈതി വരെ ഞങ്ങളെല്ലാം പരിഹരിച്ചെന്ന് ആര് എന്ത് പരിഹരിച്ചു എന്നുള്ളത് ഇത് രണ്ടും കേട്ടിട്ട് തീരുമാനിക്കുന്നു പക്ഷപാതമില്ലാതെ തർക്കീൻ്റെ പക്ഷത്തും ചേരരുത് അദ്വൈതിയുടെ പക്ഷത്തും ചേരരുത് നിഷ്പക്ഷരായിട്ട് തീരുമാനിക്കണം അവസാനം ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ സിദ്ധിച്ചോ ഇല്ലയോ എന്നുള്ളതായിരിക്കും ഏതെങ്കിലും പക്ഷം പിടിച്ചു കഴിഞ്ഞാൽ തീരുമാനിക്കാൻ പറ്റില്ല അത് അവസാനം തീരുമാനിക്കും ശ്രദ്ധിക്കുമോ എന്തായാലും അജ്ഞാനം എന്ന് പറയുന്ന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആർക്കും എന്തുകൊണ്ട് അനുഭവമുണ്ട് അത് ഭാവമാണോ അഭാവമാണോ എന്നുള്ളതാണ് തോമസിനെ പോലെ ഇരുട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഭാവമാണോ അഭാവമാണോ ഈ കാര്യത്തിലാണ് തർക്കം അതിന് നിങ്ങളെന്തൊക്കെ തീരുമാനിച്ചെന്നാണ് എൻ്റെ ഒരു ധാരണ അവർ തീരുമാനിച്ചെങ്കിൽ ഇതിലും തീരുമാനിക്കും സാക്ഷി സാക്ഷി ജ്ഞാനരൂപം ആ സാക്ഷി എന്ന് പറയുന്ന ജ്ഞാനരൂപമാണോ എങ്ങനെയാണോ വെളിച്ചത്തെ ആശ്രയിച്ച നില് ഇരിക്കുന്നത് വിളക്ക് കാലിന്റെ ചുവട്ടിൽ അതുപോലെ എന്തു വരുന്നു ജ്ഞാനരൂപത്തിലുള്ള സാക്ഷിയെ ആശ്രയിച്ച് അജ്ഞാനവും ഇരിക്കാൻ കാരണം ചൈതന്യം എന്ന് പറയുന്നത് സർവത്തിനും ആശ്രയം കൊടുക്കുന്നതാണ് അല്ലേ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയം കൊടുക്കുന്ന എന്താണ് ചൈതന്യം പിന്നെ എന്താ ഒരു അല്പം അജ്ഞാനത്തിനൂടെ അവിടെ ഒരു ഇടം കൊടുത്താൽ എന്താ പ്രസംഗം അതുകൊണ്ട് ചൈതന്യത്തിനൊന്നും ഒരു വിഷയമേ അല്ല അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഏ എങ്ങനെ ഉം ഉദാഹരണത്തിന് അത്രയല്ലേ പറയാൻ പറ്റൂ ഞാദിനെ തന്നെ എടുത്ത് പറയാൻ പറ്റൂ എങ്ങനെ നട്ടുച്ചക്ക് നട്ടുച്ചക്ക് നെള്ളന്ന് പറയാൻ പറ്റൂ െന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതെപ്പോഴും കാണും അല്ലെങ്കിൽ പിന്നെ നിഴലേ ഇല്ലെന്ന് പറയണ്ട അത് മറ്റു സമയങ്ങളിൽ കാണുന്ന നേൾലല്ലന്നെയാണ് അല്ലേ അതുകൊണ്ട് ആൾക്കാർ പറയും സമയം കണ്ട് ആൾക്കാർ സമയം നോക്കുന്നത് ചുവട്ടടിയിൽ നെട് വന്നാൽ എത്ര മണി പന്ത്രണ്ട് മണി എന്ന് പറയും കാണാൻ പറ്റും സംശയം ഉണ്ടെങ്കിൽ ഇന്നുച്ചക്ക് തന്നെ പുറത്തിറങ്ങി നോക്കുക അതെന്ന് അത് കാണാൻ പറ്റുന്ന നെല്ല് കാണണമെങ്കിൽ അതിന്റെ അടിയിൽ സ്പേസ് വേണം സ്പേസ് ഇല്ലാത്തോണ്ടാണ് കാണാത്തത് ആ കമ്പടത്തി പൊക്കി നോക്കുക നിങ്ങള് തറയിൽ പുഴിച്ചു വച്ചു നെല്ല് കാണുന്നില്ലെന്ന് പറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ ഒരു മുട്ട പിന്നെടുത്ത് വെച്ചാലും കാണും